ഇതാ അനുഗൃഹീതമായ ഒരു ഗ്രന്ഥം നാം ഇറക്കിയിരിക്കുന്നു അതിന് മുൻപുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണിത് പ്രധാന നഗരത്തെയും അതിനു ചുറ്റുമുള്ളവരെയും നീ താക്കീത് ചെയ്യാനുമാണ് ഇത് പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഇതിൽ വിശ്വസിക്കുകയും അവർ തങ്ങളുടെ നമസ്കാരങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നു